ഒന്നാമത്തെ ലക്ഷണം ഒന്നാമത്തെ ലക്ഷണം ആദ്യത്തെ ലക്ഷണം സ്വപ്രകാശ രണ്ടാമത്തത് മൂന്നാമത്തത് സജാതീയ പ്രകാശപ്രകാശിത്വം എന്ന് ലക്ഷണം പറയുന്നിടത്ത് എന്ത് ദോഷമാണോ പറഞ്ഞത് അതിവ്യാപ്തി എവിടെയാ അതിവ്യാപ്തി വരുന്നത് പ്രദീപത്തിലും ഘടത്തിലും പ്രദീപത്തില് ദോഷം വരുമ്പോൾ സജാതീയമായ പ്രകാശം ഏതാണോ സജാതീയ പ്രകാശ അപ്രകാശം എവിടെ വരും ദൈവത്തിൽ വരും രണ്ടാമത് എങ്ങനെയാണ് അതിവ്യാപ്തി വരുന്നത് രണ്ട് തമ്മിലെ വ്യത്യാസം ആധ്യാത്മിക വരുന്നിടത്ത് സജാതീയ പ്രകാശമുണ്ട് ദീപപ്രകാശത്തിന് അവിടുത്തെ ജാതി എന്താണ് ദീപപ്രകാശത്വം ഉള്ള വേറെയുമുണ്ട് അഗ്നി ആദിത്യൻ അവിടേക്ക് എന്തായിരുന്നു സജാതീയ പ്രകാശ സജാതീയ പ്രകാശ പ്രകാശ്യം പ്രകാശ പ്രകാശ്യം ഇല്ല ഘടത്തെ സംബന്ധിച്ചാളെങ്കിൽ അവിടെ സജാതിയ പ്രകാശമേ ഇല്ല അവിടെ ഘടത്തുമുള്ള ഒരു പ്രകാശം അപ്പൊ പിന്നെ ബാക്കി നോക്കണ്ട സജാതീയപ്രകാശ ഇല്ലാത്തതുകൊണ്ട് തന്നെ സജാതീയ പ്രകാശപ്രകാശിയത് അതുകൊണ്ട് സജാതീയ പ്രകാശ പ്രകാശം രണ്ടാമത്തത് ആദ്യം സജാതീയ പ്രകാശമുണ്ട് രണ്ടാമത് സജാതീയ പ്രകാശം ഇല്ല സജാതീയ പ്രകാശ അപ്രകാശത്വമുണ്ട് രണ്ടിടത്തും ോഷം ലക്ഷണശരീ ഇത് പരിഹരിക്കാൻ വേണ്ടി പറയാൻ എന്താണ് ഇവിടെ ജാതി എന്നുള്ളത് കൊണ്ട് സത്തയെടുക്കുക അതെല്ലാം തർക്കികന്മാരുടെ സിദ്ധാന്തമനുസരിച്ചാണ് ദ്രവ്യ ഗുണകർമ്മ മൂന്നിനുണ്ട് സത്ത ദ്രവ്യഗുണകർമ്മങ്ങളുടെ മൂന്നിലുണ്ട് സത്ത സത്ത ഒരു ജാതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ സജാതീയം എന്ന് പറയുന്നത് ഏതായിരിക്കും ദ്രവ്യം ഗുണം കർമ്മം മൂന്ന് സജാതീയങ്ങളാണ് ഒരേ ജാതിയുള്ള എല്ലാ സജാതീയങ്ങളാണ് അപ്പോ സത്താ ജാതി എടുത്തു കഴിഞ്ഞാൽ ദ്രവ്യ ഗുണകർമ്മങ്ങളെല്ലാം സജാതികളാണ് സജാതി പറയുന്നതിന് മൂന്നിനെ വിടാൻ പറ്റത്തില്ല ഇനി നോക്കുക ദീപത്തെടുക്കുക ഇവിടെ ദീപത്തിന്റെ ജാതിയായിട്ട് തേജസ്തു അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല പിന്നെ എന്തിനെടുക്കണം സത്ത കാരണം അതാതി ഉണ്ടല്ലോ ദീപത്തിന് സത്താജാതി അപ്പോ ദീപത്തിൻ്റെ സജാതീയങ്ങളായിട്ട് എങ്ങനെ എടുക്കും എല്ലാത്തിനും എടുക്കാം അതായത് തേജസ് മൊത്തം എടുക്കാം പിന്നെ ബാക്കിയുള്ള ദ്രവ്യങ്ങളെല്ലാം എടുക്കാം എന്തുകൊണ്ട് പ്രതി വ്യക്തേജോ വായു ആകാശ കാലധികാത്മസി എല്ലാത്തിനുമുണ്ട് പിന്നെ ഗുണത്തെ നോക്കുക രൂപസംഖ്യ ഒരു ആണ് സമയ വിഭാഗം ധർമ്മധർമ്മ സംസ്കാരം എല്ലാത്തിനുമുണ്ട് സത്താജാതി അത് സജാതികളാണ് കർമ്മത്തെടുക്കുകേപണവക്ഷേപണ ആകുഞ്ചന പ്രസാരണ കർമ്മങ്ങളിലും ഒന്ന് സത്യ ഞാൻ അടുത്ത് പറയുന്നത് എന്താണ് സത്തയാ സജാതീയത്വം തത്രാപ്യസ്ഥി പറയുന്നു സത്ത കൊണ്ടുള്ള സജാതീയത്വം എടുക്കുക ഇനി ജ്ഞാനത്തെ എടുക്കുക സിദ്ധാത്മാർഗീന്മാർ പറയുന്നതനുസരിച്ച് അതിലുമുണ്ട് സത്ത അപ്പോ മറ്റു ദ്രവ്യങ്ങളിലും ഉണ്ട് സത്ത ഗുണങ്ങളിലെല്ലാം ഉണ്ട് കർമ്മങ്ങളിലും ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഒന്നുണ്ട് സത്തയുണ്ട് അപ്പോ സത്തയാ സജാതികളായി ബാക്കിയല്ല ആ ഇല്ലേ അപ്പൊ ജ്ഞാനത്തിൽ സത്തയുണ്ടോ ഉണ്ടോ ഉണ്ട് ദീപത്തിന്റെ സജാതീയങ്ങളായി എല്ലാമന്നു എന്നോ ജ്ഞാനം വന്നോ ജ്ഞാനം ദീപത്തിന്റെ സജാതീയമാണോ എന്തുകൊണ്ട് ദീപത്തിന് സത്യുണ്ട് ജ്ഞാനത്തിന് സത്യുണ്ട് ഇപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് സജാതീയ പ്രകാശമായി പ്രകാശം എന്ന് ദൈവമായാലും കൊള്ളാം ജ്ഞാനമായാലും കൊള്ളാം എന്ത് ദീപത്തിലെ ഞാന് സജാതീയ പ്രകാശമായി എന്ത് ദീപത്തെടുക്കുക ദീപത്തിന്റെ സജാതീയമായി ദ്രവ്യ ഗുണകർമ്മങ്ങൾ മൂന്ന് യോ എങ്ങനെ സജാതിയുമായി സത്തയാ സജാതി എനിക്ക് തോന്നുന്നു ഇത് സംസ്കൃതത്തിൽ പറഞ്ഞാലും എളുപ്പമായിരിക്കുന്നു അല്ലേ അല്ലേ സത്തയാ സജാതീയത്വം ദ്രവ്യ അതി സ്രവ്യഗുണകർമ്മസുത്ര വേണ്ട അതായതീയം ദ്രവ്യ അപ്പൊ അതി അതീപ ദീപാന്തരം യഥാസത്തയാ സജാതീയംഭവതി തദ്വത ചിതാത്മാ ജ്ഞാനം ഇത്യാദികമഭി സത്തയാ സജാതീയം മനസ്സിലായെങ്കിൽ ചോദിക്കണം സംസ്കൃതം സിമ്പിളായി ഇത് പറയാം മനസ്സിലായോ എങ്ങനെയാണോ ദീപം ത്തിന് മറ്റൊരു ദീപം സജാതീയമാവുന്ന സത്തമുണ്ട് അതുപോലെ ആത്മാജ്ഞാനം ഇതെല്ലാം സജാതീയമായി അത സജാതീയ പ്രകാശം ഇത്യേന ജ്ഞാനമപി ഗ്രഹീതും ശക്യത്തെ ജ്ഞാനമപി ദീപ്യ സജാതീയംഭവതി സത്താദ്വാര മനസ്സിലായ ജ്ഞാന പ്രകദ്ധമേവ അതീപ സത്തയാ സജാതീയ ജ്ഞാന സജാതീയ പ്രകാശം സിദ്ധ്യത്തി സജാതീയ പ്രകം സേന സജാതീയ പ്രകാശപ്രകാശ്യം ഭവരിക്കും ദീപം ദീപെ സജാതീയ പ്രകാശപ്രകാശ്യത്വം ദീപത്തിൽ സജാതീയ പ്രകാശപ്രകാശ്യത്വം ഒന്ന് എന്തുകൊണ്ട് ദീപം എന്ന് പറയുന്നതിലും ജ്ഞാനത്തിന് സത്യുണ്ട് അതുകൊണ്ട് ദീപത്തിന്റെ സജാതീയ പ്രകാശമായി ജ്ഞാനം സജാതീയ പ്രകാശം കൊണ്ട് ജ്ഞാനം കൊണ്ട് പ്രകാശിപ്പിക്കുന്നതാണെന്ത് ദീപം സംശയമില്ലല്ലോ ദീപാശ്യമാനത്ത ദീപെ സജാതീയ പ്രകാശപ്രകാശ്യം സിദ്ധ്യം അത്ര ലക്ഷണം കിംഭവതി സജാതീയ പ്രകാശപ്രകാശ്യത്വം ലക്ഷണസമന്വയ ീപെ അതീപെ അതിവ്യാപ്താസ്തി മനസ്സിലായോ ദീപത്തിനോന്തോന്നു സജാതിയ പ്രകാശപ്രകാശിത്വം ഒന്ന് ലക്ഷണം എന്താണ് സജാതിയ പ്രകാശ അപ്രകാശ്യത്വം ഇവിടെ സജാതീയ പ്രകാശമായിട്ട് എന്തിനെടുത്തു ജ്ഞാനത്തെ സത്താ ജാതി എടുത്തു സത്താജാതി ദീപ സജാതീയം പ്രകൃതി അതാതീയ പ്രകാശപ്രകാശ്യീപേ അതിവ്യക്തി നീ ഘടാതിഷതീയം ദീപം എവം ജ്ഞാന ഘടക്കമാരാ ഘട സേ സുണവാ ദ്രവ്യ ചിന്താത്മന ദ്രവ്യത്താർക്കുസാരേണ അത ഘടസജാതീയം ദീപം ജ്ഞാനം ചവയൊക്കെ ഘടസജതിജാ ദീപ പ്രകാശ്യം ഘടം ദീപം പ്രകാശത്തെ ദീപദ്ടേ പ്രകാശ്യം ഷയവാ ഖഡേ ജ്ഞാന പ്രകാശ്യം വേണ്ട ജാന പ്രകം ദീപ പ്രകാശ്യം ദ്വയപ്യസ്ഥ ഖഡ സജാത്തി സജാതീയ പ്രകംഭവതി ദീപപ്രകം ശ്യം കുത്ര ഖസാതി സാദ് ദീപം ഖഡസജാ ദീപ്രകടം ദീപദ്ട പ്രക പ്രകാശ്യം കുത്ര വർത്തേ സജാതീയ ഘടസീയം ഘടക വർത്ത അപ്രകാശ്യത്വം നാസ്തി അതലക്ഷണ സമന്വയോ നോക്കി ഘടത്തിൽ സജാതീയ പ്രകാശ്യത്വമാണ് വരുന്നത് അപ്രകാശ്യത്വമല്ല അല്ലേ രണ്ടിടത്തെ അതിവ്യാപ്തി ഒഴിവായി എവിടെ ദീപത്തിലുമില്ല ഘടത്തിലുമില്ല സജാതീയപ്രകാശ അപ്രകാശ്യത്വമില്ല ലക്ഷ്യത്തിൽ ലക്ഷണം സമന്വയിക്കുന്നോന്ന് നോക്കണം പ്രകാശ അപ്രകാശ്യം ചിതാത്മാവിനുണ്ടാന്ന് നോക്കണം സജാതീയപ്രകാശം ഭഗവതി ദീപപ്രകാശം ീതപ്രകൃശ്വാ ചിത് ആത്മാ പ്രകാശത്തെ തസ്തിക പ്രകാനൂപ്രകൃയത്വം താത്മന വിഷയത് അതാ സജാതീയ അപ്രകാശ്യത്വം ചിതാത്മനി വർത്തതെ അവിടെ പ്രകാശം എന്നുള്ളതുകൊണ്ട് ജ്ഞാനത്തെ എടുത്താലും ശരി ദൈവപ്രകാശത്തെ എടുത്താലും ശരി സജാതീയപ്രകാശമായി എന്തുണ്ട് ചിതാത്മാവിനോണ്ട് സത്ത താർക്കിക മതമനുസരിച്ചിട്ടാണ് ദ്രവ്യത്തിലുള്ളതുണ്ട് ചിതാത്മാവിനുണ്ട് സത്താ സജാതീയ പ്രകാശമാണെന്തു ജ്ഞാനപ്രകാശവും ദൈവപ്രകാശവും പ്രകാശ അപ്രകാശ്യമാണ് ഒരു പ്രകാശം കൊണ്ടും ചിതാത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല ന തത്ര സൂര്യോപാധി ന ചന്ദ്ര താരകം അഗ്നി എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും പ്രകാശ അപ്രകാശ്യത്വം ചിതാത്മാവിൽ ലക്ഷണ ചിതാത്മാവിൽ സമന്വയിച്ചു ദീപത്തിലും ഘട്ടത്തിലും അതിവ്യാപ്തി സജാതീയ പ്രകാശ അപ്രകാശി സഞ്ജയിച്ചു അപ്പൊ ദോഷമില്ലല്ലോ പിന്നെ അടുത്ത ലക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ പക്ഷേ പൂർവക്ഷി പറയുന്നു അടുത്ത് സത്തായ സജാതീയത്വം തത്രാപ്യസ്ഥി വിജയി സത്തയാ സജാതീയത്വം തത്ര തത്ര എന്ന് പറയുന്ന എവിടെ ഏ ഏ തയാ സജാതീയത്വം മരുന്നതു കൊണ്ട് സജാതീയ പ്രകാശ പ്രകാശത്വം മരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ സത്തയാ സജാതീയത്വം എവിടെ വന്നു കടത്തിനും പ്രകാശത്തിനും വന്നു അതിൽ ഇതുവരെ പറഞ്ഞു सजादियत्वम സത്തയാസജാതീയുമായഘടവും സത്തയാസാതീയവം ഘടേ ഭൗതിക പ്രകാശേ സ്പ പ്രകാശ്യം ഘടേ പ്രകാശേ ചർത്തത്തെ എന്നാണ് അത പ്രകാശ അപ്രകാശ്യത്വം നാശിക്കും എന്ന് പൂർവക്ഷിയോട് സിദ്ധാന്തി സമയം പറയണം സമാനം പറയാണ് മനസ്സിലായോ സത്യാ സജാതീയത്വം തത്രാപ്യാസ്തി അതുകൊണ്ട് പ്രകാശ പ്രകാശ്യത്വമാണ് വരുന്നത് പ്രകാശപ്രകാശ്യത്വമല്ല എന്ന പറയുന്നു വിശേഷണ വൈയർത്യാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിശേഷണം വ്യർത്ഥമായിപ്പോ വിശേഷണം എന്ന് പറയുന്നത് എന്താണ് പ്രകാശ അപ്രകാശ്യത്വം എന്ന് പറയുന്ന ലക്ഷണത്തിൽ സജാതീയ ശബ്ദം ചേർത്തത് പ്രയോജനമില്ലാതായിപ്പോൾ ഒരു ലക്ഷണം പറയുമ്പോൾ ആ ലക്ഷണത്തിലെ പദങ്ങളെല്ലാം അസ്മിൻ ലക്ഷണെ വിശേഷണരൂപ സജാതീയപദം വർത്തത തദ്വ്യർത്ഥം സ്യ അതാണ് ദോഷം എന്തുകൊണ്ട് വിശേഷണസ പ്രയോജനം ഭവതി വ്യാവർത്തകം കാഗവത് ദേവദത്ത ദൃഹം എന്ന് പറഞ്ഞു ഒരുപാട് വീടുകളുണ്ട് അത് ഒരാൾ വന്ന് ചോദിച്ചു ദേവതത്തിൻ്റെ വീടേതാണ് ആ കാക്ക ഇരിക്കുന്ന വീടാണെന്ന് പറഞ്ഞു അപ്പോ വീടിന് ഗൃഹസ്യ വിശേഷണം പകുതി കാക്കപത്വം കാക്ക അപ്പോൾ വിശേഷണം എങ്ങനെയാകുന്നു വിദ്യമാനം സദ്വ്യാവർത്തകം വിശേഷണം അവിടെ ഇരിക്കുന്നു കൊണ്ട് വ്യാവർത്തിപ്പിക്കുന്നതിനാണെന്ത് പറയുന്നത് വിശേഷണം എന്ന് പറയുന്നത് കാക്ക അവിടെ ഇരുന്നു കൊണ്ട് വ്യവർത്തി കാക്ക പോയാൽ പിന്നെ വിശേഷണം ഉണ്ടോ ഇല്ല അപ്പം വിശേഷണം എന്ന് പറഞ്ഞാൽ വിദ്യമാനം സത് വ്യാവർത്തണം കാക്ക പോയാൽ എന്താകും എന്നുള്ളത് പിന്നെ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ കാക്ക ഉള്ള കാക്കയാരും ഓടിച്ചില്ല കാക്ക അവിടെ ഇരിക്കുകയാണ് കാക്കസ്യ തത്ര വിദ്യമാനത്വേ തസ്യ വർത്തമാനത്വാ കാക്ക വിശേഷണം പോതി കാക്ക അവിടെ വിശേഷണമാണ് അതാണ് വിദ്യമാനത്വ സതി വ്യാവർത്തകത്വം വിശേഷം വിശേഷണം പലതരത്തിലുണ്ട് വിശേഷണമായിട്ട് വരും ഹേതുഗർഭവിശേഷണം വരും വ്യാപർത്തകമായി വരും പലതരത്തിലുള്ള വിശേഷണം അതിലൂടെ വ്യാവർത്തക വിശേഷണത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോ ഇവിടെ സജാതീയ പദം എന്തിനു ഉപയോഗിച്ചോ വ്യാവർത്തിപ്പിക്കാൻ എന്തിൽ നിന്ന് വ്യാർത്തിപ്പിക്കാൻ വിജാതീയത്തിൽ നിന്ന് സജാതി എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇവൻ മനുഷ്യസജാതീയനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മൃഗമല്ല മനുഷ്യത്വം ഉള്ളത് കൊണ്ട് മനുഷ്യസജാതീയനാണ് മനുഷ്യത്വജാതി ഉള്ളവരെല്ലാം മനുഷ്യരാണ് അപ്പം ഇവൻ മനുഷ്യസജാതീയനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൃഗമല്ല അവനിൽ പശുത്വമില്ല അതുപോലെ ഇവിടെയും സജാതീയ പദം ചേർത്തത് വ്യാവർത്തിപ്പിക്കാനാണ് എന്തിൽ നിന്ന് വ്യാവർത്തിപ്പിക്കണം വിജാതീയത്തിൽ നിന്ന് വ്യാവർത്തിപ്പിക്കണം നോക്കുക സാമാന്യം ദ്വിധം എന്താണ് ബാക്കി തർക്കസംഗ്രഹം പിടിച്ച ആരെങ്കിലും ഉണ്ടോ ആ ഞാൻ പറഞ്ഞ തർക്കസംഗ്രഹം മൂലം അറിഞ്ഞിരിക്കണം പരം അപരംച പരംസത്ത അപരം ദ്രവ്യത്വ ഘടത്വ പടത്വ എല്ലാം ഇപ്പൊ ഇവിടെ സജാതീയെന്ന് പറഞ്ഞത് വിജാതീയത്തിൽ നിന്ന് വേർ വേർപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വേർതിരിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇനി ജാതിയെ കുറിച്ച് നോക്കുക സത്ത എന്ന് പറയുന്ന എങ്ങനെയുള്ള ജാതിയാണോ പരമാണോ പരമാണ് സത്തർ ഇപ്പോ ഘടത്വത്തെ ഘടത്വ സജാതീയങ്ങളായി ഘടങ്ങളല്ല പടമോ വിജാതീയ ഘടത്വത്തെ എടുത്തു കഴിഞ്ഞാൽ പടത്തില് പടേ പടത്വം വർത്തതെ പടാ ഘടവിജാതീയഭവന്തി പടങ്ങളെല്ലാം എന്തായി ഘടത്തിൻ്റെ വിജാതീയങ്ങളായത് കൊണ്ട് പടത്തിലിരിക്കുന്ന പടത്തും ഘടത്തിലിരിക്കുന്ന ഘടത്തും എന്നാൽ ഘടത്തിലും പടത്തിലും ഇരിക്കുന്ന ഒരു ജാതി എടുക്കുക എന്താണ് പൃഥ്വിത്വത്തെ ഘടസജാതീയാ ഭവന്തി പടാഹ് പ്രതിനിധിത്വത്തെ എടുത്തു കഴിഞ്ഞാൽ ഘടവും പടവും ഒരു ജാതിയായി അമ്മ ഘടത്വത്തെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഘടവിജാതീയം എന്ന് പടത്തെ പറയാൻ പറ്റൂ മനസ്സിലായോ ഘടത്വദ്വാര ഘടവിജാതിയതി മനസ്സിലായോ പൃഥ്വിത്വദ്വാര സജാതിയോ അതത്വം പടസ വ്യാവർത്തകം ആണോ ഘടത്വമാണ് വ്യാവർത്തകമാകുന്നത് പ്രതിവിത്വമല്ല എന്നർത്ഥം ഇനി എടുക്കുക പൃഥിവി തേജസ് രണ്ടിനെ എടുക്കുക അപ്പോ തേജസ് എന്ന് പറയുന്നത് എന്തായി പൃഥിവിത്വദ്വാര തേജ പൃഥിവിജാതിയും ഭവതി പൃഥ്വിയുടെ വിജാതിയുമായി തേജസ് അവിടെ തേജസ്തുമാണ് ഹിന്ദു ദ്രവ്യത്വേന സജാതി അതായത് ദ്രവ്യത്വദ്വാര തേജിവ്യജാതിജാതിയും അതൃത്വം തേജസ്തകം നായോ ദ്രവ്യത്വം തേജസ്സിന്റെ വ്യാവർത്തകമുണ്ട് ആണല്ലോ ദ്രവ്യത്വം എന്ന് പറയുന്നത് പൃഥ്വിയിലും ഉണ്ട് തേജസ്സിനും ഉണ്ട് അതുകൊണ്ട് ദ്രവ്യത്വം തേജസിന്റെ വ്യാവർത്തകമുണ്ട് സത്തയിലേക്ക് പോവുക സത്തു പറയുന്ന ദ്രവ്യ ഗുണകർമ്മ മൂന്നിനുണ്ട് ഇപ്പൊ സത്തയാ ദ്രവ്യ സത്വാദ്വാര ജലസ്യ അല്ല ഗുണസ്യ സാദ്വാര സത്ത ഗുണ വ്യാവർത്തകം നോക്കി ഒരു സത്ത ജലത്തിൽ നിന്ന് ജലസ്യാവർത്തകം ഗുണ നോക്ക ദ്രവ്യ വ്യാവർത്തക ഗുണം കർമ്മ വ്യാവർത്തകം നോതി സത്ത ആണോ സത്തയെടുത്തു കഴിഞ്ഞാൽ ദ്രവ്യ സത്ത തേജസ്സഹ വ്യവർത്തകൻ എന്ന ഭൂതി തേജസ്സിൽ നിന്നും വ്യാവർത്തകമാവോ വ്യവർത്തിപ്പിക്കാൻ പറ്റുമോ കാരണം എല്ലാത്തിലും സത്ത ഇരിക്കുന്നു സത്തയെന്ന് പറയുന്നത് പരം ജഗാതയാണ് അപ്പം സത്തെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജാതിദ്വാരം സംഭവിക്കത്തില്ല സംഭവിക്കുവോ പിന്നെ വ്യാവർത്തിക വേറെ എന്തെങ്കിലും പറയണം അപ്പം ജാതിദ്വാരവർത്തിക്കാൻ പറ്റത്തില്ല ഒന്നിനെയും മറ്റൊന്നും ജാതിദ്വാരവർത്തിപ്പിക്കാൻ കഴിയില്ല കാരണം സത്ത പരംജാതിയാണ് അപ്പോൾ സ ഇവിടെ സജാതീയം എന്ന് പറഞ്ഞത് വിജാതീയങ്ങളിൽ നിന്ന് വ്യവർത്തിപ്പിക്കാനാണ് ഏതുപോലെ ഘടത്തിലിരിക്കുന്ന ഘടത്തും പടത്തിലിരിക്കുന്ന പടത്തും അപ്പോൾ പടം വിജാതീയമായി ആ വിജാതീയത്തിൽ നിന്ന് വ്യവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഘടത്വം എന്ന് പറഞ്ഞത് അല്ലേ രണ്ടിലും രണ്ട് ജാതി ഉള്ളതുകൊണ്ട് പക്ഷെ സത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിദ്വാരേതിനിക്കാൻ പറ്റും സത്തയിലൂടെ വിജാതിയങ്ങളിൽ നിന്ന് വേവർത്തിപ്പിക്കണം ഏതിൽ നിന്നെങ്കിലും വ്യവർത്തിച്ചാൽ പോരാ എന്തിൽ നിന്ന് വേവർത്തിപ്പിക്കണം വിജാതിയങ്ങളിൽ നിന്ന് വേവർത്തിപ്പിക്കണം സത്തയെടുത്തു കഴിഞ്ഞാൽ വിജാതീയമായ നിന്നും ദ്രവ്യഗുണകർമ്മങ്ങളെ വേവർതിരിപ്പിക്കാൻ പറ്റും ഒന്നിൽ നിന്ന് സാധ്യത വിജാതിയും പിന്നെ ഇല്ല ജാതി ഉള്ളത് ഏതിലൊക്കെയാണ് ദ്രവ്യ ഗുണകർമ്മം തൃഷുവർത്ത സത്ത അാവ വിജാതീയ വ്യാവർത്തകം കുത്രാപിന്നഭവതി എന്നാണ് മനസ്സിലായോ പക്ഷെ സജാതി എന്ന് എന്തിനും പറഞ്ഞു വിജാതീയത്തിൽ നിന്ന് വ്യാവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ സജാതിയോ എന്ന് എന്തിനു പറയുന്നു വിജാതിൻ്റെ അടുത്ത് സജാതിയോ എന്ന് പറയണോ മനുഷ്യർ മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രാണിയില്ല പിന്നെ സജാതി എന്ന് എന്തിനു പറയണം അപ്പൊ സജാതിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വിജാതീയങ്ങളിൽ നിന്നും വേളിതിരിപ്പിക്കാനാണ് പക്ഷെ സത്തയെടുത്തു കഴിഞ്ഞാൽ എല്ലാ ജാതീയങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു വിജാതിയുമില്ല അത സത്താ വിജാതീയ മ്യാവർത്തകത്വം നാസ്തിരുവ്യാധീനാം സത്താവത്വം തത വിജാതീയ പദാർത്ഥവും വർത്തത് ദ്രവ്യാധികളിൽ നിന്നൊന്നും വിജാതീയമായൊരു പദാർത്ഥമേയില്ല ഇപ്പോൾ വിജാതീയ വ്യാപർത്തകം സത്യവഹത്തില്ല വരൂ അപ്പൊ സത്യജാതിയായിട്ടെടുത്തു കഴിഞ്ഞാൽ സജാതീയം എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ വരും ഇപ്പോഴും സജാതിയും ചേർക്കുന്ന വിജാതീയങ്ങളെന്നും വേവെടുത്തിരിക്കാനാണ് സജാതീയത്തിനും വിരുദ്ധമാണെന്ത് വിജാതീയം സമാന ജാതീയം സജാതീയം വിരുദ്ധജാതീയം വിജാതീയം ഇപ്പൊ സജാതിയും ചേർത്തിട്ട് നിങ്ങൾ അതിവ്യാപ്തി പരിഹരിച്ചു എവിടെ വന്ന അതിവ്യാപ്തി ഭടത്തിലും ദീപത്തിലും പക്ഷേ അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞു ഇപ്പൊ സജാതിയും വ്യർത്ഥമായി എന്തുകൊണ്ട് സജാതിയും ചേർത്തത് വിജാതീയത്തിൽ നിന്നും ഏവർത്തിപ്പിക്കാനാണ് പക്ഷേ സജാതിയും വന്നു കഴിഞ്ഞാൽ ആ എല്ലാത്തിലും സജാതിയം ഉള്ളത് അതിനപ്പുറം ഒരു വിജാതിയും ഇല്ല എന്ന് പറഞ്ഞാൽ സജാതിയും വിജാതിയും ഈ മൂന്നെണ്ണത്തിൽ തന്നെ കിട്ടണം ഏതിന് ദ്രവ്യ ഗുണകർമ്മങ്ങളിൽ വേണം സജാതിയും വിജാതിയും വരേണ്ടത് പക്ഷേ മൂന്നില് വിരിക്കുന്ന സത്താജാതി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സജാതിയങ്ങളെ ഉള്ളു വിജാതിയും ഇല്ല അപ്പം വിജാതിയല്ലെങ്കിൽ സജാതിയോ എന്ന് ചേർക്കുന്നത് വ്യർത്ഥമാകും പ്രയോജനമല്ലാതെ അതിനാണ് അടുത്ത ദോഷം മനസ്സിലായ സത്തയാ സജാതീയത്വം തത്രാപ്യസ്ഥി തത്രാന്ന് പറഞ്ഞാൽ കടത്തിലും ദീപത്തിലും വിശേഷണ വൈരഖ്യാത വിശേഷണം വ്യർത്ഥമായി പോവും വിശേഷണം ഏതാണ് സജാതീയപദം വ്യർത്ഥമായി പോവും എന്തുകൊണ്ട് സത്താ വിരഗണ പ്രകാശിവ അസംഭവ സത്തയില്ലാത്ത പ്രകാശം ഏത് നിങ്ങൾ സജാതീയ പ്രകാശം എന്ന് പറഞ്ഞത് വിജാതീയ പ്രകാശത്തെ ഒഴിവാക്കാനല്ലേ വിജാതീയ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സത്താജാതി അല്ലാത്ത ജാതിയുള്ള പ്രകാശം വിജാതിയും വേണ്ടേ വേറെ ജാതി വേണ്ടേ സത്ത വിജാതീയ പ്രകാശ് അസംഭവ എന്നർത്ഥം സത്തയില്ലാത്ത വിജാതീയമായൊരു പ്രകാശം അങ്ങനെ ഒരു പ്രകാശമില്ല പ്രകാശം എന്ന് ഏതിനെയൊക്കെ പറയാൻ പറ്റും ദീപത്തെയും ദീപത്തെയും പറയാം ജ്ഞാനത്തെയും പറയാം ദീപം ദ്രവീയമായതുകൊണ്ട് സത്തയുണ്ട് ജ്ഞാനം ഗുണമായതുകൊണ്ട് സത്തയുണ്ട് അപ്പം പിന്നെ വിജാതീയം പ്രകാശം ഏതെപ്പറയും സത്താജാതീയമായ പ്രകാശമേ ഉള്ളൂ വിജാതീയ പ്രകാശം ഇല്ല അപ്പോ വിശ വിശേഷണമെന്ന് പറഞ്ഞാൽ എന്ത് വിദ്യമാനം സത് വ്യാവർത്തകം അല്ലേ അപ്പം ഇവിടുത്തെ വിശേഷണം വ്യാവർത്തകമാണോ വിശേഷണമല്ല അപ്പോൾ നിങ്ങൾ ഇതുങ്ങളെ ഇതിൻ്റെ ഉപയോഗം തോന്നുന്നു ശരി ഇതങ്ങ് വിട്ടുകഴിഞ്ഞാലോ പ്രകാശ അപ്രകാശം എന്ന് പറഞ്ഞാൽ വീണ്ടും ദോഷം വരും എന്തുകൊണ്ട് പ്രകാശ അപ്രകാശിയുമായി ദീപവും ഘടകവും മനസ്സിലായോ തുടക്കത്തിൽ പറഞ്ഞു പ്രകാശ അപ്രകാശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും ദീപവും ഘടകവും അത് വേണ്ടി എന്ത് ചെയ്തോ സജാതിയോ അപ്പോൾ എന്താ ഉദ്ദേശിച്ച് സത്തയെടുക്കാമെന്ന് വിചാരിച്ചു സജാതിയായിട്ട് സത്തയെടുത്തു അപ്പൊ സത്തയെടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരുന്നു എന്താണ് സത്താ സജാതീയ പ്രകാശ അപ്രകാശ്യം എന്ന് പറയുന്നത് എവിടെ വരത്തുള്ളൂ ചിതാത്മാവിനെ വരത്തുള്ളൂ പക്ഷേ സജാതിയോ എന്ന് പറയുന്നത് വ്യർത്ഥമാവും സത്താ സജാതീയമായ ഒരു പ്രകാശം എന്ന് പറയുന്നത് ചിതാത്മാവിനെ എടുക്കാൻ പറ്റും സിദ്ധാന്തപക്ഷത്തു നിന്ന് നോക്കിയ അപ്പോൾ പറയാം സജാതീയ പ്രകാശ പ്രകാശ പക്ഷേ അതുപോലല്ലോ തർക്കീയന്മാർക്കൂടി സമ്മതമാവേണ്ടി അവരെ സംബന്ധിച്ച് സത്ത എന്ന് പറയുന്നത് പിന്നെ താർക്കികന്മാർ പറയുന്ന സത്തയെ അദ്വൈതി അംഗീകരിക്കത്തില്ലോ അത് വേറെ കാര്യം എന്താണ് നിത്യമേകമനേകമനുഗതം സാമാന്യം എന്നെല്ലാം പറയുന്ന ലക്ഷണമൊക്കെ അദ്വൈതി നിഷേധിക്കും അങ്ങനെ ഒരു സത്യ എന്ന് പറഞ്ഞ് നിഷേധിക്കും അതുപോട്ടെ ഇവിടെ ഇപ്പോൾ എന്തായാലും ശരി താർക്കികന്മാർക്കുകൂടി സമ്മതമായ രീതിയിൽ ലക്ഷണം പറയുന്നു അപ്പം ലക്ഷണം പറഞ്ഞിട്ട് ഞങ്ങളുടെ ലക്ഷണമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല അവരുകൂടി പരിശോധിക്കുമ്പോൾ അവർക്കുകൂടി പരിശോധിക്കാത്ത സൗകര്യമുള്ള ലക്ഷണമായിരിക്കും അപ്പം അവർ പരിശോധിച്ചപ്പോൾ എന്താണ് സജാതിയോ എന്ന് പറയുന്നത് കൊണ്ട് സത്തയെടുത്തു കഴിഞ്ഞാൽ അത് വ്യാവർത്തകമല്ലാതെ ആകുന്നു ലക്ഷണമെന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യമാനം സദ്വ്യാവർത്തകമാണ് വിശേഷണം വിദ്യമാനം സദ്വ്യാവർത്തകമാണ് വിശേഷണം എന്നുവെച്ചാൽ ലക്ഷണത്തിന്റെ വിശേഷം അപ്പം അതുകൂടെ യോജിക്കുന്നില്ല വ്യർത്ഥ വിശേഷണമെന്ന് പറയുന്ന ദോഷം ലക്ഷണത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷണമാകുന്നില്ല വീണ്ടും എന്ത് ദോഷം വരും അസംഭവം തന്നെ ലക്ഷ്യത്തിൽ ലക്ഷണത്തെ സമന്വയിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ദോഷം അസംഭവം ലക്ഷണം തന്നെ ശരിയാകുന്നു വിശേഷണ വൈകൃത്യ സത്താവിരഹണ പ്രകാശ അസംഭവ സത്താരഹിതമായൊരു പ്രകാശമേ അതുകൊണ്ട് പ്രകാശ അപ്രകാശ്യത്വം ഈ ത്യേതാവതായവ eva അപ്പൊ പിന്നെ അത് വിട്ട് വിട്ടിട്ട് എന്ത് വരും പ്രകാശ അപ്രകാശ്യത്വം എന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ എന്തുവരും അതിവ്യാപ്തി വരും എവിടെ ദൈവത്തിലും കടത്തിലും ആദ്യം പറഞ്ഞ ദോഷം ത്യേതാവതേവ ചരിതാർത്ഥത്വ ലക്ഷണാസംഭവന്ന് ചേർത്തോളം വിശേഷണം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് അതിനാണ് പറഞ്ഞ ചരിതാർത്ഥവും എന്ത് ചരിതാർത്ഥമായി പ്രകാശ്യ അപ്രകാശ്യം ഇത് അനേനവ ലക്ഷണേ അസംഭവദോഷ ശരിയായോ ആകെയുള്ള ഒരു ദോഷമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് സംസ്കൃതം കൂടെ പറഞ്ഞു ഒരു ദോഷമാണെങ്കിൽ ഇനി പറയുന്നില്ല ദോഷമാണോ ആണോ രണ്ടായാലും പ്രശ്നമില്ല മലയാളമായാലെന്താ സംസ്കൃതം ആയാലും എന്താ ണോ മലയാളത്തിൽ പറയുന്നതാണ് എളുപ്പം പൊതുവെ ആൾക്കാർക്ക് മനസ്സിലാകാത്തത് ഭയം കൊണ്ടാണ് പേടി നമുക്കിത് മനസ്സിലാകാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഭയമില്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസം മുൻകൂർ തന്നെ ജാമ്യമെടുക്കും ഭയത്തിൻ്റെ ജാമ്യം മുൻകൂർ ജാമ്യം അതാ കുഴപ്പം അങ്ങനെ ഭയത്തെ എടുത്തു വയ്ക്കേണ്ട കാര്യമുണ്ട് ഇത് ഇപ്പോൾ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് കാരണം ഈ തർക്കം എന്ന് പറയുന്നത് ഇതിനകത്ത് നവ്യന്യായം വരുന്നില്ല ഇതിനകത്ത് വരുന്നത് മധ്യകാല ന്യായമാണ് എന്ന് പറഞ്ഞാൽ ഉദയനാചാര്യത്തിന് ശേഷം തത്വചിന്താമണികാരന് മുമ്പുള്ള ന്യായമാണ് വരുന്നത് തത്വചിന്താമണികാരൻ എന്ന് പറയുമ്പോൾ ഒരു പതിനാലാം നൂറ്റാണ് ഉദയനാചാര്യൻ എന്ന് പറയുമ്പം തൊള്ളായിരത്തി തൊള്ളായിരത്തിൻ്റെ അവസാനമാണ് ആയിരത്തിൽ നിന്നും അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള തർക്കമാണ് ഇത് വരുന്നത് ഇതിൻ്റെ കാലം പറയുന്നത് ഒരു പതിമൂന്നാം നൂറ്റാണ് അപ്പൊ ഇതിൻ്റെ തർക്കമെന്ന് പറയുന്നത് സദ്യതാപച്ഛേദ സംബന്ധ അവന് സദ്യതാവഛച്ഛേദക്കോ അവന് ഇങ്ങനെയുള്ള പരിപാടി ഇതിനകത്തില്ല ഇതിലെ തർക്കമെന്ന് പറയും നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാനുള്ള തർക്കമാണ് പിന്നെ വേണ്ടത് തർക്കികന്മാരുടെ പദാർത്ഥ ഞാൻ ഇപ്പം സത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം ദ്രവ്യ ഗുണകർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം തർക്കസങ്കരത്തിൽ വരുന്ന ഹേത്വാകാശം മനസ്സിലാക്കിയിരിക്കണം ഇത്ര ഇതിന് ആവശ്യമാണ് പക്ഷേ ഇത് പഠിക്കാൻ എല്ലാവർക്കും ഒരു ഭയമാണ് എന്തോ ഭയങ്കര തർക്കമുണ്ടെന്ന് വിചാരിച്ച് വാസ്തവത്തിൽ അങ്ങനെ ഒരു തർക്കമേ ഇതിനകത്തില്ല ശ്രദ്ധിച്ചാർക്കും മനസ്സിലാവും പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടി വരും ചില കാര്യങ്ങൾ അങ്ങനെ കേട്ടാൽ ഉടൻ നമുക്ക് മനസ്സിലാവും സംശയം മതപ്രഭാഷണം കോമഡി സീരിയല് സിനിമയൊക്കെ അങ്ങനെയാണ് കേട്ട ഉടൻ മനസ്സിലാവും ഇത്തരം വിഷയങ്ങളെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരൊന്നും ചിന്തിച്ച് മനസ്സിലാക്കണം ആ ചിന്തിക്കാനുള്ള താമസം പലർക്കും പലതരത്തിലാണ് ചിലർക്ക് പെട്ടെന്ന് ചിന്തിച്ച് മനസ്സിലാക്കും ചിലർക്കൊന്ന് കൂടുതൽ ചിന്തിക്കേണ്ടി അതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമെന്നുള്ള ഒരു ധാരണ ആരുടെയും മനസ്സിൽ വേണ്ട പിന്നെ നിങ്ങൾ വടക്കേന്തി ചെന്നു കഴിഞ്ഞാൽ അവർ പറയും ഓ ചിസുക വളരെ ടഫാണ് മനസ്സിലാക്കാൻ വലിയ പ്രയാസം എന്താ സംഭവം ഈ ഭയം മനസ്സിവെച്ചുകൊണ്ടാണ് പഠിക്കുന്നത് എന്നിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പൊ പഠിക്കുന്ന സമയത്തും മനസ്സിലാകത്തില്ല പഠിപ്പിക്കുന്ന സമയത്തും മനസ്സിലാകത്തില്ല പേടിയുള്ള ഇരിക്കയാണ് വനെ കേൾക്കുന്നവൻ മനസ്സിലാവും അവനും മനസ്സിലാവട്ടെ ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം വേണ്ട അങ്ങനെ ഒരു ഭയം മനസ്സിലില്ലെങ്കിൽ ഇതാർക്കും മനസ്സിലാവും ആർക്കുള്ള മനസ്സിലാക്കാൻ പറ്റും ഇതിന് വലിയ തർക്കത്തിന്റെ തർക്ക സംഗ്രഹത്തിനപ്പുറമുള്ള വലിയ തർക്കത്തിന്റെ ആവശ്യങ്ങൾ ഇതിന്റെ ഇതിനകത്ത് വരുന്ന മഹാവിദ്യ അനുമാനവും മറ്റും ഈ തർക്കസംഗ്രഹത്തിന്റെ അറിവ് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അനുമാനത്തിന്റെ പുതിയ രൂപങ്ങൾ വരുമെന്നേ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഈ പേടികളഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യണം അതിങ്ങനെ വന്നില്ലേറ്റവും വലിയൊരു കാര്യം ഇതിൻ്റെ അകത്തുള്ള സംസ്ഥലോട്ടീക വളരെ ലളിതമാണ് വായിച്ചു ചെറിയ ചെറിയ ചെറിയ വാക്യങ്ങളാണ് പരിശ്രമിക്കണം മെനക്കെടണം വായിച്ചാൽ മനസ്സിലാവും പിന്നെ സാമാന്യ ഹിന്ദി പരിചയമുള്ള ആർക്കും ഹിന്ദി വായിച്ചാലും മനസ്സിലാവും നല്ലൊരു വ്യാഖ്യാനമാണ് അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഭാഗം വരുമ്പോ ഞാൻ പറയും ഹിന്ദി ആരെങ്കിലും വായിക്കുന്നുണ്ടോ ഹിന്ദി മാഷ് നോക്കി വായിച്ചു നോക്കി ഈ പഠിച്ച ഭാഗം പഠിക്കാത്ത ഭാഗം വായിക്കണ്ട അത് തർജ്ജിമല്ല തർജ്ജിമെന്ന് വെച്ചാൽ അല്പം സ്വാതന്ത്ര്യം എടുത്ത ഒരു തർജ്ജിമ ഈ വ്യാഖ്യാനം സംസ്കൃത വ്യാഖ്യാനത്തിന്റെ ഹിന്ദി വ്യാഖ്യാനം അല്ല സംസ്കൃത വ്യാഖ്യാനത്തിന്റെ ഹിന്ദിയല്ല ഹിന്ദിയാണ് സംസ്കൃത വ്യാഖ്യാനം കൂടെ ചിലടത്ത് എടുത്തിട്ടുണ്ട് സംസ്കൃത വ്യാഖ്യാനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ചിലയിടത്ത് പറയുന്നുണ്ട് വൈദ്യത്തന്നെ കർമ്മകടത്ര വിരോധം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും സംസ്കൃത വ്യാഖ്യാനത്തിലുള്ള കൂടുതലായി കാരണം വളരെ അറിവുള്ള ആളാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ മൂലം വ്യക്തമാകാത്തക്ക രീതിയിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കും നിങ്ങൾ പഠിച്ച ഭാഗങ്ങളെങ്കിലും വായിച്ചു നോക്കും ഹിന്ദി രണ്ടു ഗുണമുണ്ട് ഹിന്ദിയും പഠിക്കാം ആവശ്യവും മനസ്സിലാവും ഹിന്ദി അറിയില്ല എന്ന് വിചാരിച്ചാലും വായിക്കാതിരിക്കരുത് ഇത് വായിച്ചാൽ തന്നെ ഹിന്ദി പഠിക്കാൻ പറ്റും അല്ലേ ഏഹ് ആ അത് തന്നെ ഹിന്ദി പഠിക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണം കൂടെയുള്ളൂ പത്താം ക്ലാസ് വരെങ്കിലും ഹിന്ദി പഠിച്ചിട്ടുള്ളവർക്ക് പത്താം ക്ലാസ് വരെ ഹിന്ദി പഠിക്കണമെന്ന് സ്കൂളിൽ പോയാൽ എന്നെ പോലെ പഠിക്കണമെന്നൊന്നുമില്ല പത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി പത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും വായിച്ചാൽ മനസ്സിലാകാൻ പ്രയാസമൊന്നും